നമ്മൾ യൂതയുടെ ലേഖനത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട് യൂതനുടെ ലേഖനം അഞ്ചാമത്തെ വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്ന് ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിശ്രയുമെന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു നമുക്കറിയാം ഇസ്രയേലിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ അവരെ മിശ്രീമെന്ന് പുറപ്പെടുവിക്കുമ്പോൾ മോശമുഖാന്തരം ദൈവം അവരോട് വാക്യം ചെയ്തൊരു കാര്യം ഇതായിരുന്നു ഈ അടിമ വിടാൻ മിശ്രയുമെന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് ശാശ്വത അവകാശമായിട്ട് തരും അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഈ വിടുവിക്കുന്നതും അവകാശമായിട്ട് കൊടുക്കുന്നതും ദൈവം തന്നെയാണെന്നാണ് ദൈവം പറഞ്ഞു അതിൻ്റെ ആദ്യ ഭാഗം ഒരു വിശ്വസിച്ചാണ് നമ്മൾ വായിക്കുന്നത് ദൈവം കൽപ്പിച്ചതുപോലെ അവർ കുഞ്ഞാടിനെ എടുക്കുകയും അതിനെ അറക്കുകയും അതിൻ്റെ മാംസം തിന്നി അതിൻ്റെ രക്തം കടൽക്കാരന്മ കുറുമ്പിടും വരട്ടുകയും ദൈവം കൽപ്പിച്ച പോലെ തന്നെ അവർ മിസ്ലീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നു പക്ഷേ അവർ ചെങ്കടൽ കടന്നു മരുഭൂമിയിൽ പ്രവേശിച്ചു അതിനുശേഷം അവരെ കനാൻ ഒറ്റ നോക്കാനായിട്ട് പന്ത്രണ്ട് പേരെ അയച്ചു പന്ത്രണ്ട് പേര് പോയി നോക്കി ഒറ്റ നോക്കിയതിന് ശേഷം മടങ്ങി വന്നിട്ട് അതിന് പത്ത് പേര് പറഞ്ഞു സത്യമായി നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ തെളിവിനായിട്ട് അവരവിടുന്ന് മുന്തിരിക്കൊലകളൊക്കെ കൊണ്ടുവന്നു പക്ഷെ അവർ ഏറ്റു പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അവിടെ അനാക്യുമല്ലന്മാരെയും ഞങ്ങൾ കണ്ടത് കീഴടക്കാൻ നമുക്ക് കഴിയത്തില്ല പക്ഷേ രണ്ടുപേരെ യോശുവും കാലവും പറഞ്ഞ് അങ്ങനല്ല സഹോദരന്മാരെ ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമുക്കത് കീഴടക്കാൻ കഴിയും പക്ഷെ നമ്മളവിടെ വായിക്കുന്നൊരു കാര്യം മഹാപുരുവേഷം പേരും ഈ പത്ത് പേരോടൊപ്പമാണ് ചേർന്ന് അവരെല്ലാം മോശിക്കുക ഓരോന്നെതിരായിട്ട് പിറുവിറുക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അംഗം നമ്മളവിടെ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ കൃത്യജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ് ദൈവം നമ്മളെ രക്ഷിച്ചു വീണ്ടെടുത്ത് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു നമ്മൾ പലപ്പോഴും ഒന്നിച്ചുകൂടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പ്രായം ഈ കൃത്യജീവിതത്തിൻ്റെ തലങ്ങളിൽ നമ്മുടെ ഭവനത്തിലും മറ്റ് തലങ്ങളിലും നമ്മളായിരിക്കുമ്പം ഈ പാപത്തെ ജയിക്കുക എന്നുള്ളൊരു കാര്യം അല്ലെ നമ്മുടെ സ്വയത്തെ ജയിക്കുക ജഡത്തെ ജയിക്കുക ആ ഒരു കാര്യം വരുന്നിടത്ത് നമ്മളും പലപ്പോഴും ഈ പത്ത് പേരെ പോലെയാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ പുറമേ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉള്ളിലെന്താ പറയുന്നത് ഇതൊന്നും നടക്കത്തില്ല ഇല്ല നീണ്ട നമ്മുടെ ക്രിസ്ത്യത്തിൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ ആരംഭിച്ചിടത്തുനിന്ന് അധികം മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഇന്ന് നമ്മൾ പിറുമുറുക്കുന്നവരും പരാതി പറയുന്നവരും കോപിക്കുന്നവരും മുറുമുറുക്കുന്നവരും അല്ല നമ്മളെ തന്നെ ചോദന ചെയ്യുമ്പോൾ സത്യം നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നൊരു വാക്തത്വമുണ്ട് എഫി എസ് ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം യഫീസർ മൂന്നിൻ്റെ പത്തൊമ്പത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമാണ് നമ്മളിവിടെ കാണുന്നത് ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക കർത്താവ് ഒരിക്കലിങ്ങനെ പറഞ്ഞു ഗുരുവിനോളം ആകുന്നത് ശിഷ്യന് മതി ഇപ്പം നമ്മളെ നമ്മുടെ വ വളർച്ചയുടെ അല്ല നമ്മൾ എത്തിച്ചേരേണ്ടിയ ലക്ഷ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാം നിറവോളം എന്ന് പറയുമ്പം നമ്മൾ നമ്മൾ പാടുക പാട്ടിലിങ്ങനെ പാടാറുണ്ട് യേശുവെപ്പോലാകാം പ്രവൃത്തിയിൽ നമ്മെ വിളിക്കുന്നു ഈ ജീവനായി ഇപ്പം നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് അർത്ഥം എന്താ പ്രായോഗിക ജീവിതത്തിൽ ഇതിൽ പ്രശ്നങ്ങളെ അഭൂകരിക്കുമ്പം കുറുവിറുപ്പില്ലാത്തവരും ദൈവമെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു വിശ്വസിക്കുന്നവരും അത് ഏറ്റുപറയുന്നവരും അതിനനന്തര ഫലമായിട്ട് ഒരു സ്വസ്ഥതയിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പരാതിയില്ലാതെ പിറുവിറുപ്പില്ലാതെ അസ്വസ്ഥതകളില്ലാതെ പക്ഷേ നമ്മളെ തന്നെ ചോദനയും നമുക്ക് കാണാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇനി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നവരും ഒക്കെ ആണെന്നുള്ള അസത്യം എന്താ അതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ദൈവം ഈ കനാൻ ഒരവകാശമായിട്ട് തരുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഇല്ല നമ്മൾ ഏബ്രൈനത്തിനെ വായിക്കുന്നുണ്ട് അവൻ്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാക്തത്വം ശേഷിച്ചിരിക്കാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുവീൻ ഈ ദൈവിക സ്വസ്ഥത എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നൊരു കാര്യം പ്രശ്നങ്ങളുടെ നടുവിൽ സ്വസ്ഥരായിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചത് പറയുന്നത് പക്ഷേ നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പം നമ്മൾ സ്വസ്ഥരാണ് സന്തോഷമുള്ളവരാണ് ഇസിലും കന്യകുമാരെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാടിയ പോലെ ദൈവത്തെ സ്തുതിക്കുന്നവരാണ് പക്ഷേ കുടുംബജീവിതത്തിലെ പ്രാവിക തലത്തിലെ പ്രശ്നങ്ങളോട് കടന്നു പോകുമ്പം നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാണ് പരാതി പറയുന്നവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരുമാണ് അന്നേരം നമുക്ക് ഈ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല പക്ഷേ ഈ സത്യങ്ങൾ നമ്മൾ കണ്ടതിന് നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാനായിട്ട് കഴിയുന്നില്ലെന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ഈ വാക്തത്വം ദൈവമാണ് തന്നിരിക്കുന്നത് ഇല്ലേ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ അടിമട ഇസ്രേലി നിങ്ങളെ എൻ്റെ ബലമുള്ള കരം കൊണ്ടും നീട്ടിഭുജങ്ങൾ കൊണ്ടും വിടിവിച്ച് ഞാൻ നിങ്ങൾക്ക് പാലം തീരെ ഒഴുകുന്ന കനാൻ വാക്തത്വം അവകാശമായിട്ട് തരാം പലപ്പോഴും ദൈവം തന്നെ അത് വാക്തം ചെയ്ത് പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അത് പ്രാപിക്കാനായിട്ട് ശ്രമിച്ചിട്ട് കഴിയാതെ വരുമ്പം നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മളും ആന്തരികമായിട്ടൊരു പിന്മാറ്റത്തിലേക്ക് പോകുന്നവരാ നമ്മളിന്ന് കേട്ടതുപോലെ പുറമേ നമ്മൾ ഏറ്റുപറി എല്ലാം ഏറ്റുപറിച്ചിലെല്ലാം നടത്തുന്നുണ്ടെങ്കിലും ആന്തരികമായിട്ടൊരു പിന്മാറ്റത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടിയ ഒരാത്മാവുണ്ട് താവീത് കൂര്യാത്തിനെ കാണുന്ന സമയത്ത് ഗോലിയാത്തിറങ്ങി വന്ന് വെല്ലുവിളിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നേ ഇസ്രേൽ സൈന്യം എല്ലാം പുറകോട്ടെ ഓടും പക്ഷേ ദാവീത് വന്നിട്ട് ഈ വെല്ലുവിളി കേട്ടപ്പം ദാവി ഇത് എന്താ പറഞ്ഞത് ഇവനെ കൊല്ലുന്നവനെ എന്തു കൊടുക്കും എന്ത് കിട്ടും എല്ലാവരും അവനെ നിരുത്സാഹപ്പെടുത്തി നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നമ്മൾ വായിക്കുന്നേ അവൻ അവിടുന്ന് മാറി വേറെടുത്ത് എന്നിട്ട് പിന്നെയും ചോദിക്കുന്ന ചോദ്യം ഇതാണ് അത് അവൻ്റെ ഏറ്റുപറച്ചിലെന്താ ഇസ്രയേൽ നിൽക്കേണ്ട നീമ ഏഹോടെ നാമത്തെ ദുഷിക്കുന്ന ഇവനെ ഇന്ന് ഞാൻ അവൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രതികൂലം കാണുമ്പം ഉയർന്നു വരുന്ന ഒരാത്മാവുണ്ട് ഇല്ല ഞാൻ ഇതിനെ കീഴ്പ്പെടുത്തില്ല ഇതിനെ ഞാൻ ജയിക്കും പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അങ്ങനത്തെ താ പലപ്പോഴും കുടുംബീഗത്തിലെ പ്രശ്നങ്ങളോട് കടന്നു പോകുമ്പം ഇല്ല സൗകര്യമായിട്ട് കശവിശി ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലെ നിലപാടെന്താ ഞാൻ ഇതിനെ ജയിക്കുമെന്നാണോ അല്ല ഇതൊന്നും നടക്കുക എന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ട് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഇതൊന്നും ഞാൻ ഒത്തിരി പ്രാവശ്യമായി ശ്രമിക്കുന്നു ഇപ്പം എത്രാമത്തെ പ്രാവശ്യമായി ഇനിയും ഇത് അത്രയും എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അങ്ങനെയൊക്കെ ആണേ കൊള്ളാം നല്ല കാര്യമാണ് പക്ഷേ എന്നെക്കൊണ്ടത് ആ ഏറ്റുപറച്ചിലെ തെറ്റില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാ അത് പിന്നെ ആർക്കത് സാധിക്കും ആരാ സാധിക്കുന്നത് അവിടെ ദാവിതിൻ്റെ ഏറ്റുപറച്ചിലുണ്ട് നീ നിന്നിച്ചു പറയുന്ന സൈനികൾ ദൈവം എഹോയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു അതെ അപ്പം നമ്മുടെ ഏറ്റുമറച്ചിൽ അങ്ങനെ ആയിരിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല പക്ഷേ ദൈവത്തിനില്ല ചെയ്യാനായിട്ട് കഴിയും നമ്മൾ എഫ് എ സിനിമ ഒന്നാം അധ്യായത്തിൽ അപ്രസ്വൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയിൽ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഒന്നാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുൻ്റെ ദൈവവും മഹത്വമുള്ള നിങ്ങൾക്ക് തന്നെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാട്ടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളെ ഹൃദയദൃഷി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശനും മഹിമാദിനെന്നും അവൻ്റെ ബലത്തിനും വല്ലഭത്തത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പ് എന്നതെന്നും നിങ്ങളറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഇപ്പം ബ്രദർ പറഞ്ഞപ്പം പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒരു പക്ഷേ നമ്മുടെ അഹങ്കാരം നേരില്ലായ്മ ഇങ്ങനെ പല കാര്യങ്ങൾ കാണാം പക്ഷേ ഇതെല്ലാം വെച്ചോണ്ടാണ് നമ്മളൊരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത് നമുക്കറിയാം ആ ഒരു പോരാട്ടം നമ്മൾ പരാജയപ്പെടുകയുള്ളു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഈ രണ്ട് തലങ്ങളുമുള്ള ഒന്ന് ദൈവം സാത്താൻ്റെ അധീനിൽ നിന്ന് വിടുവിച്ചു നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പാടാറുണ്ട് ഫറവൻ ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല ഇപ്പം ദൈവം വിടുവിച്ചു അതുകൊണ്ട് തന്നെ ദൈവം എന്നെ ഈ ദൈവം വാക്യം ചെയ്ത സ്വസ്ഥയിലേക്ക് ഇത് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു ഒരാത്മാവാ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യോന്നെ കാലം മുതൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു നമ്മളിൽ തന്നെയുള്ളൊരു ജീവനെതിരായിട്ടുള്ളൊരു ബലാത്കാരമാണ് നമ്മുടെ സ്വന്തം ജീവൻ ഒരിക്കലും അങ്ങനെ ഏറ്റുപറിച്ചിൽ നടത്തത്തില്ല പക്ഷേ ദൈവിക ജീവൻ എപ്പോഴും നമ്മളിൽ നൽകിത്തരുന്നൊരു ഉത്തേജനം ഇതാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യാനായിട്ട് കഴിയും ഈ ഞാൻ ഈ കേൾക്കുന്ന കോപിക്കാത്ത പരാതി പറയാത്ത അസ്വസ്ഥതയില്ലാത്ത സമാധാനമുള്ള മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്ന ദോഷം കണക്കിടാൻ കണക്കിടാതിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തന്നെ നടത്താൻ കഴിയുമെന്നുള്ള ഒരു ആന്തരിക ഉറപ്പാണ് ഈ വിശ്വാസം നമ്മൾ ഉളവാക്കുന്നത് ഇപ്പൊ ഈ ഒരു വിശ്വാസിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ നമ്മുടെ ഓട്ടോ അതുപോലെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മളായിരുന്ന സഭകളൊക്കെ വിട്ടതിൻ്റെ ഉദ്ദേശം എന്താ നമ്മുടെ പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് അല്ലെ ആരാധന എന്ന് പറയുന്നോണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ എന്താ നമ്മളവിടെ വിട്ടുപോരാൻ കാര്യം ഈ പറഞ്ഞ ഒരു സ്വസ്ഥതയുടെ ജീവിതം അവിടെ നിന്ന് കിട്ടുന്നില്ല അവിടെ അവിടെ നമ്മൾ പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സ്വസ്ഥതയിൽ നടക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ഇപ്പം നമ്മളും മറ്റൊ ഇവിടെ കേട്ടൊരു കാര്യം ഇതാണ് ഈ ഒരു സ്വസ്ഥത നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ വിട്ട് പലതും വിട്ട് ഇങ്ങോട്ട് വന്നേ ഇന്ന് നമ്മുടെ അനുഭവം എന്താ സ്വരിസ്വന്മാരെയും നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പം അങ്ങനത്തെ ഒരു വഴിയിലൂടെ നമുക്ക് നടക്കാനായിട്ട് കഴിയുന്നുണ്ടോ നമ്മൾ കേട്ടതുപോലെ ഒരു പൂർണ്ണതയല്ല പക്ഷേ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്വസ്ഥതയുടെ ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ഈ ഒരു വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരുന്നുണ്ടോ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം ദൈവത്തിൻ്റെ വചനം എല്ലാം സത്യമാണ് അവൻ്റെ അവൻ ഉവെന്ന് പറഞ്ഞാൽ ഉവന്നാണ് തകരാറ് നമ്മളിൽ തന്നെയാണ് ഉള്ളത് അത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളെ നമ്മളിൽ തന്നെയുള്ള ആ വിശ്വാസവും നന്ദികേടും ഇതൊക്കെ കണ്ടെത്തി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നിടത്തെ വിളിപ്പടപുസ്തമ്മളിങ്ങനെ വായിക്കുന്നു കുഞ്ഞാടിൻ്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു നമ്മളെ ഒരുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദൈവം നമ്മളെ കാണിച്ച് തരുന്ന അവിശ്വാസവും നമ്മുടെ സ്വന്തം ജീവനും ഒക്കെ ത്യജിക്കുന്ന ഒരുക്കലാണ് നമ്മൾ നടത്തുന്നത് അങ്ങനെ നമ്മൾ വിട്ടുകളയും തോറും ദൈവം തന്നെ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം നമ്മൾ വീണ്ടും ജനിക്കുമ്പം ഈ ഒരു ജീവനിലേക്ക് എത്താനുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് ജീവൻ ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രശ്നമെന്താ അതിന് അതിനെ തടയുന്ന എല്ലാറ്റിൽ നിന്നും നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ വളർന്ന് ഒരു പൂർണ്ണ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിത്തീരാനുള്ള എല്ലാം അവൻ്റെ ഉള്ളിൽ ദൈവം ഇട്ടിട്ടുണ്ട് അതിന് തക്ക സാഹചര്യങ്ങൾ ഒരുങ്ങിക്കഴിയുമ്പം അവൻ സാവകാശം വളർന്ന് അങ്ങോട്ട് എത്തിച്ചേരും നമ്മൾ അതുതന്നെയാണ് സത്യം ഇങ്ങനെത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരാനുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ സമയത്ത് തന്നെ നൽകിയിട്ടുണ്ട് നമ്മൾ പത്ര സ്ഥലവും കൊണ്ടാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചി പിന്നെ ഈ വചനമാണ് നമ്മളെ ഈ വളർച്ചയിലേക്ക് നയിക്കുന്ന വചനത്തിൻ്റെ അനുസരണം അത് നമ്മളെ എപ്പോഴും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും ഒരു സ്വസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് നിരാശപ്പെടാതിരിക്കാം നമുക്ക് ഈ ഒരു വിശ്വാസം ഏറ്റു പറയാം നമ്മൾ എത്ര അല്ലേ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുവാൻ നിലമ്പരി ജാകത്തില്ല നമുക്ക് പലപ്പോഴും വീഴ്ചയില്ലെന്ന് പറയുന്നില്ല വീഴ്ചകളുണ്ട് എൻ്റെ കാരണം നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് വീഴാറുണ്ട് പക്ഷേ അന്നേരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ ഇതിൻ്റെ വിശ്വാസം പുയിപ്പാ പൊയ്പ്പോവാതിരിപ്പാനായിട്ട് ഞാൻ പിതാവിനോട് ചോദിച്ചു അത് ആ ഒരു ഈയൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരാനായിട്ട് കഴിയും ഈ ഒരു സ്വസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ നടത്താനായിട്ട് കഴിയും ആ ഒരു വിശ്വാസം മുറിവ് പിടിച്ച് പോരാട്ടത്തിലായിരിക്കാം എന്നും